അള്ളാഹുസ്ബാനഹുവായ പറഞ്ഞു ഓ ഈസ തീർച്ചയായും ഞാൻ നിന്നെ മടക്കി വിളിക്കുകയും നിന്നെ എൻറെ അടുത്തേക്ക് ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ പരിശുദ്ധനാക്കുകയും ചെയ്യുന്നു പുനരുദ്ധാന വരെ നിന്നെ പിന്തുടരുന്നവരെ സത്യനിഷേധികളേക്കാൾ ശ്രേഷ്ഠരാക്കുകയും ചെയ്യുന്നു പിന്നീട് നിങ്ങളുടെ മടക്കം എൻറെ അടുത്തേക്കാണ് നിങ്ങൾ തർക്കിച്ചിരുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്കിടയിൽ വിധി